മോക്ഷസ്ഥാതം കർമ്മയോഗം ആത്മയാഥാർത്ഥാനം ഉദ്ദേശി ആത്മാവിന്റെ യാഥാർത്ഥ്യത്തെ കുറിച്ച് ഉപദേശിച്ചിട്ട് തത്പൂർവകം മോക്ഷസ്ഥാധനം ബോധം കർമ്മയോഗം ആത്മയാഥാത്മ്യജ്ഞാനപൂർവം ത്തിന് സാധനമായിരിക്കുന്ന കർമ്മയോഗത്തെ പറയുക ആത്മയത്ഥി ഞാൻ എന്താണ് മുമ്പോട്ട് വരും പറയുന്നു വ്യക്തി നിത്യത്വം സ്വയം പ്രകാശത്വം ആനന്ദത്വം ഭഗവത് പ്രകാരത്വം സ്വഭാവ ഭഗതാത്മത്വാദിനോ ഇത് എഴുപത്തി രണ്ടാമത്തെ പേരിൽ വ്യാഖ്യാനത്തിൽ പ്രത് എന്താണ് ആത്മാ യാഥാർത്ഥ്യാണ് ഇഷ്ടാത്വരാണ് എന്നതനുസരിച്ച് ഒന്നും ആത്മാവ് നിത്യമാണ് നാം നിത്യത്വം പിന്നെ സ്വയം പ്രകാശത്വം ആത്മാവ് സ്വയം പ്രകാശമാണ് ആത്മാവ് ആനന്ദമാണ് ഭഗവത് പ്രകാരത്വം ഈശ്വരൻ ചിത് അചിത് വിശിഷ്ടനാണ് ചിത്തെന്ന് പറയുന്ന ജീവൻ അചിത് എന്ന് പറയുന്ന പ്രപഞ്ചം രണ്ടും വിശിഷ്ടനാണ് ഈശ്വരൻ എന്നൊന്ന് തുടക്കത്തിൽ ചർച്ച ചെയ്തതാണ് അതുകൊണ്ട് ഈശ്വരന്റെ പ്രകാരം വിശേഷണമാണ് അതുകൊണ്ടാണ് ഈശിഷ്ട വിശദീകരിച്ചാൽ ഭഗവത് പിന്നെ സ്വാഭാവിക അപകടപാത്രത്തോടെ സ്വാഭാവികമായി തന്നെ അവിടെ പാപമില്ല അജര അമൃത്യം പാപമില്ല ജരയില്ല മരണമില്ല ശോകമില്ല ഇതൊക്കെയാണ് ആത്മയാഥാർത്ഥ്യ ജ്ഞാനവും കൂടെ പിന്നെ അണുമാണ് വ്യത്യാസമൊന്ന് പറയുന്ന പോലെയാണെങ്കിലും മുഴുവനെങ്ങനെ ആണ് ആത്മാവും പരമാത്മാവും എന്നാൽ പരമാത്മാവിൻ്റെ വിശേഷണമോ ശരീരമോ ഇതിനുള്ള വ്യത്യാസങ്ങളോ അതിന് ആദ്യ ഉപദേശിച്ചതിനു ശേഷം പിന്നീട് കർമ്മയോഗത്തെ ഉപദേശിച്ചു ആത്മജ്ഞാനത്തോടുകൂടി വേണം കർമ്മം ചെയ്യാൻ എന്നാൽ കർമ്മയോഗമാവും അതുകൊണ്ടാണ് ആദ്യം ആത്മാൻ്റെ യഥാർത്ഥം പറഞ്ഞതിന് ശേഷം കർമ്മയോഗത്തെ പറയും കർമ്മയോഗത്തെ തന്നെ ബുദ്ധിയോഗം എന്നെ അവിടെ ആത്മബോധത്തോടുകൂടി കർമ്മിച്ചു അദ്വൈതോട് വലിയ വ്യത്യാസം അദ്വൈത പറയുന്നത് ശരിയായ ആത്മബോധം അല്ലെങ്കിൽ പിന്നെ അവിടെ കർമ്മം ഇല്ലെന്നുള്ള വലിയ വ്യത്യാസം രാമാനുചാരി പറയുന്നത് എന്താണ് ശരിയായ ആത്മബോധത്തോട് കൂടി വേണം കർമ്മിച്ചത് അവരുടെ കർമ്മത്തൊന്നു ശരി ഇവിടെ അങ്ങനെയുള്ള വാക്ബോധത്തിൻ്റെ വ്യത്യാസം അക്കാര്യങ്ങളോട് പറയും അദ്വൈതി പറയുന്ന ആത്മബോധവും രാമാനുജാൻ പറയുന്ന ആത്മബോധവും തന്നെ അദ്വൈതി പറയുന്ന ആത്മബോധത്തിൽ കർമ്മസാധ്യമല്ല രാമാനുജാ എന്ന് പറയുന്ന ആത്മബോധവും കൂടിയേത കർമ്മത്തിൽ അതുമ്പോട്ട് വരുന്ന ഭാഗ്യങ്ങളൊക്കെ കൂടുതൽ വിശദമാണ് അതിന്റെ വൃവപ്രലോക ശോക അവലോകന ഹേക പ്രതാ ഉത്തരപ്രകരണാരംഭം സംഗമയം അപ്പം മുമ്പ് മുമ്പ് വന്ന പ്രകടനങ്ങളെ അതായത് ക്ഷത്രിയനാണ് നിയുദ്ധം ചെയ്യണം അതുകൊണ്ട് സ്വധർമ്മമാണ് എനിക്ക് സംസാരം ഉണ്ടാകത്തില്ല ഇങ്ങനെയെല്ലാം പറഞ്ഞ കാര്യങ്ങൾ അതാണ് പൊറോട്ട ഉത്ത ശോഭ അവലോദന ഹേത പ്രധാനാധ്യായം ഉത്തരപ്രകരണാരംഭം സത്യം അവിടെ പറഞ്ഞ പ്രധാനമായും വിഷയം ആയിട്ട് ഇനി വരാൻ പോകും ഭാഗത്തെ യോജിപ്പിക്കും അവിടെ പറഞ്ഞ ഒരു പ്രധാനമായ കാര്യം ആത്മ യാഥാത്മി ജ്ഞാനമാണ് അശോചാനീശോ ചസ്തും അവിടെ പറഞ്ഞ രാതസിംഗും രാതസിംഗ് ധ്രുവമൃത്യം ധ്രുവജന്മ നിമിഷിച്ചത് അവിടെ ആത്മാവിന്റെ യഥാർത്ഥ സ്വരൂപത്തെക്കുറിച്ച് പറയുന്നു അതും ഇനി വരാൻ പോകുന്ന ഭാഗം കർമ്മയോഗം രണ്ടും നമ്പർ യോജിപ്പിക്കുകയാണ് അതാണ് ഭാഷയിൽ പറഞ്ഞത് ആത്മ യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാണ് ആത്മാവിന്റെ യഥാർത്ഥം ഞാൻ എന്താണെന്ന് പറഞ്ഞു തത്വരോഗം അതോടുകൂടിയ മോക്ഷസാധന പോലും കർമ്മയോഗം അത് വ്യാഖ്യാനത്തിൽ പറയുന്നത് തത്വരോഗ ശക്ത ആത്മജ്ഞാന കർമ്മയോഗവും ക്രമം അഭിധാനം ഔചിത്യം ഉക്തം ആത്മജ്ഞാനവും കർമ്മയോഗവും തമ്മിൽ അത് അതാണ് ഇവിടെ ആദ്യ ആത്മജ്ഞാനം ഉപദേശിച്ചു അത് കർമ്മയോഗത്തെ ഉപദേശിച്ചു ഈ കർമ്മം എന്തിനു വേണ്ടി ആത്മജ്ഞാനത്തോടുകൂടി കർമ്മിച്ചു അല്ല ആത്മജ്ഞാനം വന്നു കഴിഞ്ഞാൽ കർമ്മ ത്യാഗമാണ് ഏറ്റവും പ്രധാനമായൊരു വ്യത്യാസം ആത്മജ്ഞാനത്തോടുകൂടി കർമ്മിച്ച് ഭാഷകാരനെ ഇത് അംഗീകരിക്കുന്നുണ്ട് ആത്മജ്ഞാനത്തോടുകൂടി കർമ്മം ചെയ്യുക ആത്മബോധത്തോടുകൂടി കർമ്മം ചെയ്യുക എന്നല്ല അത് ഉപാസന ആത്മാവിനോട് ജ്ഞാനം ഉണ്ട് അതാണ് കർമ്മം ചെയ്യുക ആ രീതി വന്ന് അതൊരുപാസന ആ രീതിയിൽ ഭാഷകാരാകുകയും മറിച്ച് ആത്മാവിനെ കുറിച്ചുള്ള സംവിധാനമാണ് കർമ്മം നടക്കുക ഇവിടെ പറയുന്നത് ആത്മാവിനെ കുറിച്ചുള്ള യഥാർത്ഥമായ ജ്ഞാനം തന്നെ അതും കർമ്മയുമായി അതായത് ആത്മാവിനെ കുറിച്ച് അറിയുകയും ആത്മാവിനെ കുറിച്ച് ഒരാൾ മനസ്സിലാക്കിയതിനു ശേഷം ആത്മാവിനെ ധ്യാനിക്കും അങ്ങനെ ആത്മാവിനെ ധ്യാനിക്കുകയാണെങ്കിൽ ഉപാസന് കാരണം ജ്ഞാനം എന്ന് പറയുന്നത് അദ്വൈതമാണ് ജ്ഞാനം എന്ന് പറയുന്നത് വസ്തുതന്ത്രമാണ് കർത്തൃതന്ത്രം ഉപാസന എന്ന് പറയുന്നത് കർത്തൃതന്ത്രമാണ് ഞാൻ ആഗ്രഹിച്ചാൽ ചെയ്യാം നിങ്ങൾ ചെയ്യാതെ എനിക്ക് അധീനമായ കാര്യങ്ങൾ അപ്പൊ കർത്തൃതന്ത്രമായിരുന്നു ഉപാസനയോടൊപ്പം കർമ്മവും ചെയ്യും അപ്പൊ കർമ്മയോഗത്തിലും ആത്മജ്ഞാനാകാം അദ്വൈതമെന്ന് മത്സരിക്കും പക്ഷെ അത് ഉപാസനയും കർമ്മവും തമ്മിലുള്ള സമുച്ചയമായിരിക്കും അത് പറയുന്നത് ആത്മാവിനെ കുറിച്ചുള്ള ശരിയായി ജ്ഞാനം ആ ശരിയായ ജ്ഞാനത്തിലാണ് കർമ്മം അനുഷ്ഠിക്കേണ്ടത് അതാണ് ഇവിടെ പറയുന്നത് ആത്മജ്ഞാന കർമ്മയോഗയോഗം ക്രമാവിധാന ക്രമമായിട്ട് വേണം ആത്മയാഥാജ്ഞാന ഉപദേശാനന്തരം തച്ചിന്തന രൂപജ്ഞാനയോഗ അഭിദാന ആത്മാവിനെ കുറിച്ച് ഉപദേശിക്കുന്നു ആത്മാവിന്റെ ആത്മാവിനെ ശരിയായി അറിയും ആത്മാവിനെ കുറിച്ചുള്ള ശരിയായ ഞാനും അതിനാണ് ആത്മ ഞാനോന്നു ഇനി ജ്ഞാനയോഗം എന്ന് പറഞ്ഞാൽ അതല്ല എന്ന് പറയുന്നത് ആത്മാവിനെ കുറിച്ച് അറിഞ്ഞതിന് ശേഷം അതിനെക്കുറിച്ച് ചിന്തയാണ് ജ്ഞാനയോഗം അത് വന്നില്ല അതാണ് ഇനി പ്രജഭാഗീയതാ കാമാൻ സർവാത്മാർത്ഥ എന്ന് പറഞ്ഞ് സ്ഥിതപ്രജ്ഞരക്ഷണത്തിനും മറ്റും പറയുന്നത് ജ്ഞാനയോഗമാണ് അപ്പൊ ഇന്ന് മുമ്പ് നിത്യവാഹം ജാതനാസം എന്ന് പറഞ്ഞ് അത് ആത്മജ്ഞാനമാണ് അത് ആത്മാവെന്താണ് അത് ആത്മജ്ഞാനം ഇനി പ്രജഹാരശ്യത്തിൽ പറയും അവിടെ പറയുന്നത് ജ്ഞാനയോഗം എന്നാണ് അവിടെ പറയുന്നത് ഇനിയിപ്പം അടുത്ത് പറയാൻ പോകുന്ന എന്താണ് ഇവിടെ കർമ്മയോഗം ഇപ്പം പറയുന്നത് ആത്മജ്ഞാന ആത്മയാഥാർത്ഥ്യജ്ഞാനോപദേശമാണ് ആത്മാവിനെ കുറിച്ച് പറഞ്ഞു അതിനുശേഷം വേണ്ടത് എന്താണ് തനരൂപ ജ്ഞാനയോഗം അടുത്ത തൊട്ട് പറയേണ്ടത് ജ്ഞാനയോഗമാണ് പക്ഷെ അത് പറയുന്നത് മറിച്ച് കർമ്മയോഗം ആത്മജ്ഞാനം ജ്ഞാനയോഗം അങ്ങനെ പറയുന്നു ആത്മജ്ഞാനം കർമ്മയോഗം തിന്തനരൂപ ജ്ഞാനയോഗ അഭിധാനി ആത്മജ്ഞാനത്തിന്റെ ചിന്തനമാണ് ജ്ഞാനയോഗം അതാണ് പറയേണ്ടത് തസ് കർമ്മയോഗ സാധ്യത പക്ഷെ ഇതിനിടയ്ക്ക് ഇവിടെ കർമ്മയോഗം പറയും അപ്പൊ ആത്മജ്ഞാനം കർമ്മയോഗം ആത്മജ്ഞാന വിചാരം അതാണ് ഇവിടെ അതാണ് ക്രമം അതും കർമ്മയോഗ സാധ്യത അതുകൊണ്ട് ആത്മജ്ഞാന വിചാരത്തിന് കർമ്മയോഗം ആവശ്യം കർമ്മയോഗം ചിത്രശുദ്ധിക്കും ഈശ്വരപ്രസാദത്തിനുമൊക്കെ കർമ്മയോഗം ആവശ്യം അത് ഇതിൻ്റെ മധ്യത്തിലായിട്ട് വരും കർമ്മയോഗം കർമ്മയോഗം ചെ പശ്ചാത്തലത്തിന് ശേഷം തത്ഫലതയാ കർമ്മയോഗത്തിൻ്റെ ഫലം കർമ്മയോഗ സാധ്യമാണ് എന്ന് പ്രജഹാരിയതാകാമ നിൽക്കുന്ന ജ്ഞാനയോഗം ഉപേക്ഷിച്ചു അത് കഴിഞ്ഞ് പ്രജഹാതിയതാകാം എന്ന് പറയുന്ന ജ്ഞാനയോഗത്ത് ഉപദേശിച്ചു ഇപ്പൊ ഗീതയുടെ വരികളിൽ നിന്നുകൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ ഗീതാഫത്ത് വരികളിലൂടെ സമന്വയിക്കുന്നത് കൂടുതൽ പൂർണ്ണമെന്ന് പറയുമ്പോൾ കൂടുതൽ ഗ്രാമാനുരാജ് ഗീതയുടെ ഭാഷ്യം രചിക്കുമ്പോൾ തൻ്റെ സിദ്ധാന്തത്തിന് അനുകൂലമായി യുക്തികൾ ഉപയോഗിക്കുന്നതും ബുദ്ധി ഉപയോഗിക്കുന്നതുമൊക്കെ കൂടുതൽ രാമായണുരാചാര്യത്തെ അപേക്ഷിച്ച് കൂടുതൽ ബുദ്ധി ഉപയോഗിക്കുന്ന ഈ ശങ്കരാജൻ പറഞ്ഞ സിദ്ധാന്തത്തിന് സമർപ്പിക്കാൻ വളരെ ബുദ്ധിപൂർവകമായി അതിനെ കൊണ്ട് എന്താണ് അവസാനിപ്പിക്കുന്നത് അതിന് മടുക്ക കൂടുതൽ കാണിക്കുന്ന വരികളുടെ അർത്ഥം പറഞ്ഞു പോകുമ്പോൾ കൂടുതൽ ചേർന്ന് ചെയ്യുന്ന ഒരു രാമായു ഞാൻ നമ്മുടെ വ്യത്യാസം ഇവിടെയൊക്കെ ഞാൻ ചേർന്ന് ഓരോ വരി എഴുതുമ്പോഴും ആ ശങ്കരഭാഷയൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് ഒന്നാണ് ഇങ്ങനെ വിശ്വസിക്കുന്നത് അപ്പോ ശങ്കരാചാര്യർക്ക് രാമാനുജാചാര്യരോട് ഒരു മത്സരം നേരിട്ടില്ല പക്ഷെ രാമാനുജാചാര്യൊക്കെ തിരിച്ചുണ്ട് അപ്പോൾ കാലത്ത് വന്നു അപ്പോ സ്വന്തം സിദ്ധാന്തത്തെ ആവിഷ്കരിക്കുന്നതിന് ശങ്കരാചര്ക്ക് പരമാവധി ബുദ്ധി കാരണം ശങ്കരാചാര്യ വ്യാഖ്യാനിച്ചു വരുന്ന രീതിയിൽ പതിനൊട്ട അധ്യായത്തിന് വീട്ടിലെങ്ങനെ ഉപസംഹരിക്കും കൺക്ലൂഡ് ചെയ്യും കാരണം ശങ്കരാചാര്യർ പറയുന്നതും പതിനൊട്ട അധ്യായമായിട്ടൊരു യോജിപ്പുമില്ല നമുക്ക് ചിന്തിച്ചു അത് വേറെ ഒഴിക്കാ പോകുന്നത് ശങ്കരാ സിദ്ധാന്തം വേറെ ഒഴിക്കാ ഇതെങ്ങനെ ശരിയാവും അത്ഭുതപ്പെട്ടു പക്ഷെ ഇവിടെ ശങ്കരാചാരും തന്റെ ബുദ്ധി സാമർഥ്യം ഉപയോഗിച്ചിട്ട് അതുവരെ പറഞ്ഞതുമായിട്ട് ശരിക്കുന്ന യോജിപ്പിക്കും അപ്പൊ അവിടെയാണ് ബുദ്ധി സാമർഥ്യം രാമാനുജാ അത്ര ആവശ്യമില്ല കാരണം ആ വരികൾക്കനുസരിച്ച് വ്യക്തിച്ച് പോവുകയാണ് അപ്പൊ വിശേഷിച്ചൊരു ബുദ്ധിയെ അവിടെ പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല അതൊരു ഒഴുക്കില്ല നിക്കും അത് ഇങ്ങോട്ടേതും മനസ്സിലുള്ള വ്യത്യാസം ഇതിന്റെ ഭാഷ അഭിതാസംഖ്യ ബുദ്ധി യോഗി മാംസി ബുദ്ധിയമബന്ധം പ്രാസ്യ ബുദ്ധി സംഖ്യ എന്ന് പറഞ്ഞ ബുദ്ധിയാണ് അതിനർത്ഥം പറയാം ർത്ഥമുണ്ട് അപ്പൊ സംഖ്യയ്ക്ക് ബുദ്ധി എന്നർത്ഥമുണ്ടാവും അവതരണീയം ആത്മതത്വം കൊണ്ട് നിശ്ചയം ആത്മതത്വമാണ് സാഖ്യം എല്ലാവരും ഇതേ അർത്ഥം തന്നെയാണ് സംഘം ശങ്കരാചാര്യ പശുപതി സരസ്വതി മിക്കവാറും എല്ലാം രണ്ടു കൂട്ടർ ഇക്കാര്യത്തിൽ യോജിപ്പാണ് സാങ്കേതിക ആത്മതത്വം എല്ലാത്മിപ്രായ സാങ്കീത്തുള്ള ബുദ്ധി ആത്മാവിനുള്ള വളരെ നേരിട്ടുള്ളത് അല്ലാതെ സാഖ്യ ശാസ്ത്രത്തിൽ പറഞ്ഞ ബുദ്ധി അങ്ങനെ അല്ല കപിലന്റെ സാങ്കേതി ആ സാങ്കേ്യത്തിലുള്ള ബുദ്ധി അങ്ങനെ കാരണം മുമ്പ് ഈ ആത്മാവിനെ കുറിച്ച് പറഞ്ഞത് കപിലനാണ് വളരെ വ്യക്തമായിട്ട് ആത്മാവന്താണെന്ന് ഈ പറയുന്നത് പോലെയുള്ള നിത്യനായ ആത്മാവ് ജനിക്കും പരിക്കുകയും ചെയ്യാത്ത ആത്മാവ് ഇങ്ങനെയെല്ലാം പറഞ്ഞത് സംഖ്യനാണ് പക്ഷെ അതുകൂടെ സ്വീകരിക്കാൻ കഴിയില്ല അതെന്തുകൊണ്ടാണ് വേറെ പറയുന്നത് സാഖ്യയോഗ രൂപ വേദവിരോധി തന്ത്രാഭിധാനമാണ് സാഖ്യയോഗം എന്ന് പറയുന്നത് വേദവിരോധിയാണ് വേദവിരോധിത്വം ദുഃഖ വിശ്വാസം ശങ്കരാചാര്യ ബ്രഹ്മസൂത്രത്തിൽ കൂടുതലും വ്യാഖ്യാനം ഖണ്ഡിക്കുന്നതിന് വേണ്ടി സാങ്കേനഘനിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലും പരിശ്രമിച്ചു എന്തുകൊണ്ടാണ് വേദവിരോധിയാണ് അപ്പോൾ വേദവിരോധി എന്ന് പറയാനെന്താ കാരണം കാരണം സങ്കിന്മാര് വേദത്തെ പ്രമാണമായി സ്വീകരിക്കുന്നു പ്രത്യക്ഷം അനുമാന ശബ്ദം മൂന്ന് പ്രമാണമായി സ്വീകരിക്കുന്നു അപ്പോൾ മൂന്ന് പ്രമാണങ്ങൾ സ്വീകരിച്ചാൽ ഇവിടെ ഇവരെല്ലാം പറയുന്നു ഒരു വേദവിരോധിയാണ് വേദത്തെ പ്രമാണമായി സ്വീകരിക്കുന്നു വേദത്തെ പ്രമാണമായി സ്വീകരിക്കാത്തവരാണ് ബൗദ്ധന്മാര് അവരും വേദവിനോദി വേദത്തെ പ്രമാണമായി സ്വീകരിച്ചാലും വേദവിനോധിയാണ് വേദത്തെ പ്രമാണമായി സ്വീകരിച്ചില്ലെങ്കിലും വേദവിനോധം എന്താ കാരണം ഇത് ഒരു കാരണം പ്രധാനമായ കാരണം എന്താണ് ഇവര് ഈശ്വരനങ്ങ അതാണ് പ്രധാനമായ കാരണമല്ല ഇപ്പോൾ ശങ്കരാചാര്യം വിരോധം കാണിക്കാനുള്ള ശങ്കരന്മാരുടെ അവർ ഈശ്വരൻ അംഗീകരിക്കും അംഗീകരിക്കുന്നുണ്ട് അതുപോലെ പദ്മാവിനിയും പ്രകൃതിയെ അംഗീകരിച്ചാലും അതാ ഈശ്വരനംഗീക അപ്പൊ ഈശ്വരനെ അംഗീകരിക്കാത്തത് കൊണ്ടാണ് ഇവിടെ പറയുന്നത് സംഖ്യ എന്ന് പറഞ്ഞാൽ അത് വേദഗ്രഹത്തിൽ ഇത്തരം ശാസ്ത്രങ്ങളെ കുറിച്ച് പഴയകാലത്തെ ഈ ശാസ്ത്രങ്ങളെ വ്യാഖ്യാനിക്കുമ്പോൾ ഈ ആചാര്യന്മാരെല്ലാം പിന്തുണ രീതി എല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു താത്വികമായ വിമർശനം അത്ര അവർ നോക്കുന്നു ഇത്തരത്തിൽ വിമർശനം എന്ന് വെച്ചാൽ അവരവർ വിശ്വസിക്കുന്ന തത്വങ്ങളിൽ നിന്നുകൊണ്ട് വിമർശിക്കും മറ്റ് ശാസ്ത്രങ്ങൾ അവരവർ വിശ്വസിക്കുന്ന തത്വങ്ങൾ നിന്നുകൊണ്ട് കണ്ണടച്ചുള്ള കുറച്ച് അപ്പോ നമ്മുടെ സിദ്ധാന്തത്തിന് യോജിച്ച മറ്റൊന്നും നോക്കേണ്ട കാര്യമില്ല പാടെ അത് നിഷേധിക്കുക നമ്മുടെ സിദ്ധാന്തത്തോട് യോജിക്കണ വേഗം അവരൊരിക്കലും പരിഗണിക്കാത്ത ആചാര്യന്മാരും ഒരിക്കലും പരിഗണിക്കാത്തൊരു കാര്യമാണ് ഈ ശാസ്ത്രങ്ങളുടെയൊക്കെ കാലം അവയുടെ ചരിത്രം അവയുടെ സ്വാധീനം ഇതൊന്നും അവരൊരിക്കലും പരിഗണിക്കത്ത അങ്ങനൊരു ചിന്തയിൽ ചരിത്രത്തെക്കുറിച്ചവർ പൂർണ്ണമായും ഇവരജ്ഞനാണ് ഇതിന്റെ മനുഷ്യ ചരിത്രത്തെ കുറിച്ച് ഇവരെ ചരിത്രബോധം എന്ന് പറയുന്നത് കേവലം പുരാണങ്ങളെ ആസ്വദിച്ചു ചരിത്രബോധമുണ്ട് അത് പുരാണങ്ങളെ ആശ്രയിച്ചു ഇതൊക്കെ പഠിക്കുന്നവരും പലരും ചരിത്രത്തെ കാണുന്നത് എന്താണ് പുരാണങ്ങളെ ആശ്രയിച്ചാണ് അത് മനുഷ്യന്റെ ചരിത്രമായിട്ട് ഒരു ബന്ധമുള്ളതാണ് പുരാണങ്ങളുടെ ചരിത്രം എന്ന് പറയുന്നത് എന്താണ് പുരാണങ്ങളുടെ ചരിത്രം അനുസരിച്ച് ഇപ്പൊ കഴിയുമ്പോ മനുഷ്യന്റെ ചരിത്രം എന്താണ് ചരിത്രത്തിൽ അങ്ങനെ അറിയുമില്ല ദ്വാപരയുഗം സത്യയുഗം അത്യുഗം ഇതൊക്കെ വെറും പൗരാണിക സങ്കല്പങ്ങൾ മാത്രമാണ് മനുഷ്യന്റെ ചരിത്രമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് പക്ഷെ ഇന്നും അങ്ങനെ വിശ്വസിക്കുന്നു മൂഢന്മാരും കൈകാര്യം മനുഷ്യന്റെ ചരിത്രത്തിൽ അങ്ങനെയുള്ള യുഗങ്ങളൊന്നും മനുഷ്യൻ കിടന്ന് മാറ്റി അത് എന്താണ് ഈ പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ആ ബോധത്തെ നിന്നുകൊണ്ടാണ് അവരെല്ലാം ഇതിന് വ്യാഖ്യാനിക്കുന്നത് ആ ബോധത്തിൽ നിന്നുകൂടെയുള്ള ഒരു പാരമ്പര്യത്തെ കുറിച്ച് പറയുന്നത് ഞങ്ങളുടെ പരമ്പരയാണ് വൈഷ്ണവ പരമ്പര എന്ന് പറയുമ്പോൾ ഇവരുടെ പഴയ പുരാണങ്ങൾ പഴയ ആചാര്യന്മാർ അതാണ് അവരുടെ ചരിത്രം ഇപ്പൊ ഞങ്ങളുടെ ആചാര്യന്മാരൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ ആഗോളങ്ങൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ പുരാണങ്ങൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഇതാണ് ഞങ്ങളുടെ സമ്പ്രദായം ശങ്കരായ പറയും ഞങ്ങളുടെ ഞങ്ങളുടെ ആഗമ്യങ്ങളും അതുകൊണ്ട് ഇതാണ് ഈ സമ്പ്രദായത്തെ പിടിച്ചുകൊണ്ടാണ് അങ്ങോട്ട് ഇങ്ങോട്ട് ഫൈറ്റ് ചെയ്യുന്നത് ആധുനികമായ മനുഷ്യന്റെ ചിന്ത അങ്ങനെയല്ല മനുഷ്യന്റെ ചരിത്രം പരിണാമം അവന്റെ ചിന്താക്കളുടെ മാറ്റങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങളൊക്കെ കാര്യം ചെയ്തു സാങ്കേതികം എന്ന് പറയുന്നത് നമ്മുടെ ചരിത്രപരമായി നമ്മുടെ ദർശനങ്ങളിലൊക്കെ വലിയ സ്വാധീനം ചെലുത്തിയൊരു ശാസ്ത്ര സമ്പ്രദായമാണ് ചരിത്രത്തിന്റെ ഭാഗമാണ് അത് പുരാണങ്ങളിലും വന്നിട്ടുണ്ട് നമ്മുടെ അതിന്റെ സ്വാധീനമാണ് സംഖ്യം എന്ന് പറയുന്ന ആ പാരമ്പര്യമായ ആ ശാസ്ത്രത്തിന്റെ സ്വാധീനത്തിലൂടെ കാണിക്കുന്നു പക്ഷെ അത് അവർക്ക് ആർക്കും അംഗീകരിക്കാൻ പറ്റത്തില്ല കാരണം അവരുടെ സിദ്ധാന്തത്തിന് വിരുദ്ധമാണ് അതുകൊണ്ട് സംഖ്യം എന്ന് പറഞ്ഞാൽ എന്തര്ത്ഥം പറയും ആത്മാവാണെന്നർ എന്നാ ഈ രണ്ടു കൂട്ടിലും കപിലെന്നെ ആരാധിക്കുകയും ചെയ്യും കപിലൻ ആരാധകത്തിനല്ല കപിലൻ എല്ലാവർക്കും അതിഷേ പക്ഷെ ആ കപിലൻ തന്നെ പറഞ്ഞു കൊന്നു വിശ്വസിക്കുന്ന സാങ്കേതികത്തെ അംഗീകരിക്കത്തില്ല എന്നുള്ളത് സ്വന്ത സിദ്ധാന്തം പിന്നെ കപിലൻ എന്തുകൊണ്ടത് ചെയ്യുന്നു അപ്പൊ കപിലൻ ഈ സാങ്കേതിക ശാസ്ത്രത്തിൽ മാത്രമാണ് പുരാണങ്ങൾ പരിടത്ത് പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഭാഗവതത്തിൽ വരുന്നുണ്ട് അതുപോലുള്ള പുരാണങ്ങൾ വരുന്നുണ്ട് അപ്പം അതെല്ലാം ഇവർക്കുണ്ടാക്കി ഇവരുടെ സിദ്ധാന്തങ്ങൾക്ക് അനുകൂലമായി വ്യാഖ്യാനിക്കും അങ്ങനെയുള്ള ഭാഗങ്ങളാണ് സാങ്കേകാരിക ഈശ്വരനെ കുറിച്ച് പറയുന്നില്ലെങ്കിൽ അവരുടെ ഈശ്വരൻ്റെ ആവശ്യമേ ഇല്ല കാരണം ഈശ്വരന്റെ സ്ഥാനത്ത് പ്രകൃതിയാണ് ഈശ്വരൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പ്രകൃതി ചെയ്യുന്നുണ്ട് പ്രകൃതിയും പുരുഷനും കൂടി ചെയ്യുന്നുണ്ട് ദൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെല്ലാം ഇവിടെ ഈശ്വരൻ്റെ ആവശ്യം അതും ഈ സാങ്കേതം പോലെ കൃഷിയോ കൊടുക്കും ഒരു കാഴ്ചപ്പാട പക്ഷെ ആ സാങ്കീത അംഗീകരിക്കും പക്ഷെ സംഖ്യത്തെ അംഗീകരിക്കും എല്ലാ സാങ്കിതൃ പറഞ്ഞ ആ പുരുഷനും പ്രകൃതി ഇതിന്റെ സവിശേഷങ്ങളെല്ലാം അപ്പൊ എന്തുകൊണ്ടാണ് അവർ ഈ പറയുന്ന സമ്പ്രദായത്തോടുള്ളവരുടെ പ്രതിബദ്ധത അതുകൊണ്ട് നമ്മൾ ഈ ചരിത്രത്തിലൂടെ നോക്കുകയാണെങ്കിൽ മറ്റേ ദർശനങ്ങളുടെ ചരിത്രത്തിൽ നോക്കിയാൽ ഗീതയിൽ വരുന്നത് ഗീതയിൽ സ്വാധീനിച്ചിരിക്കുന്നു ഗീത മുഴുവനതന്നല്ല വ്യക്തമായും വിസാഹിക്ക സിദ്ധാന്തമാണ് പുരുഷനെ കുറിച്ചു പ്രകൃതിയെ കുറിച്ചും എല്ലാം പറയുകയാണ് അതിനോടൊപ്പം ഗീതിയിൽ കടന്നു വന്നിട്ടുണ്ട് ബൗദ്ധ ദർശനത്തിന്റെ സ്വാധീനം അതിനോടൊപ്പം എന്ത് ചെയ്തു ഭഗവാനവിടെ കൂട്ടിച്ചേർത്തു അതാണ് കൂടുതലായിട്ട് അത് ഇതിഹാസങ്ങളിൽ നിന്നും പുരാണങ്ങളിൽ സംഖ്യവും എല്ലാം കൂടെ കൂടിച്ചേർന്നു അത് മഹാഭാരത പല ഭാഗങ്ങളിൽ സംഖ്യത്തോട് കൂടിച്ചേർന്ന ഉപദേശങ്ങളും നമുക്ക് ഈശ്വരൻ ഇല്ല ഈശ്വരനുള്ള ഉപദേശങ്ങൾ രണ്ടും വരുന്നു മഹാഭാരതം അല്ല ഗീരയിൽ വന്നപ്പോഴത്തേക്കും അവിടെ പുരാതന സാഖ്യവും ഈശ്വരനും കൂടെ കൂടിച്ചേർന്നൊരു ഉപദേശമാണ് അവിടെ എന്താണ് ഭഗവാനെ കൊണ്ടുവന്നു എന്ന് മാത്രമാണ് ഭഗവാൻ തന്നെ ഉപദേശിക്കുന്നു എന്നുമാണ് നമ്മൾ ചരിത്രത്തിന്റെ കണ്ണിലൂടെ നോക്കിയാൽ മനസ്സിലാവും ഇതെല്ലാം പുരോഹിതന്മാർ എഴുതി വെച്ചതാണ് ആത്മാവും പരമാവും പ്രകൃതി എന്ന പൗരോഹിത്യ സൃഷ്ടിയാണ് ഇപ്പോൾ ഓരോ ഹിത്യ ആത്മീയരെ അതിന് നല്ല വശങ്ങളുണ്ട് ഓരോ ഹിത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം മോശം എന്നുള്ള അർത്ഥം നല്ല വശങ്ങളുണ്ട് അതാണ് അതിൻ്റെ ആത്മീയവശം മോശം വശങ്ങളുണ്ട് അതാണ് അതിൻ്റെ സാമൂഹ്യവശം അപ്പം കുറച്ചൊന്ന് നല്ല ബുദ്ധിയുണ്ടെങ്കിൽ അതിനൊക്കെ മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ടുകൂടെ സാഖ്യശബ്ദത്തിനടക്കം സംഖ്യയ്ക്ക് അടക്കം പറയുന്ന ബുദ്ധി ബുദ്ധിയാധരണീയം ആത്മതത്വ സഖ്യം ബുദ്ധി കൊണ്ട് നിശ്ചയിക്കുന്ന ആത്മതത്വമാണ് സഖ്യം അപ്പം മറ്റ് കപിലന്റെ സംഖ്യത്തെ ഒഴിവാക്കാൻ പറ്റി ഇത്രയും പറഞ്ഞു അടുത്തു പറയുന്നു ജ്ഞാദവീ ആത്മതൃ ബുദ്ധിരപിതേയത്വം ആരംഭ്യ തസ്മാർ മൂതാജി മർഹസി ചന്ദേന ശേഷ ജ്ഞാതവ്യാത്മതത്വ അറിയേണ്ടതാണ് ആത്മതത്വം ഇവിടെ തജ്ഞാനായ ആർവിന് വേണ്ടി ഞാൻ ബുദ്ധി രഹിത അതിനുവേണ്ടിയിട്ടുള്ള ആ ബുദ്ധി ആത്മാവിനെ റിയാനുള്ള ബുദ്ധി ആത്മബോധം അതാണ് നത്തവിവാഹം ജാനം നത്യവിവാഹം ബാക്കി ബാക്കി ആർക്കും അറിയത്തില്ല നത്തേ ചെയ്വന് ഭക്ഷ്യാൻ അന്യശോചസ്വം കഴിഞ്ഞു വരുന്ന പദ്യമാണ് നിത്യവിവാഹം ചെയവിഷ്യവ് സഭയെ വൈവകരമത്മാവിൻ നാം നിത്യതയെ കുറിച്ച് പറയാം അതാണ് ആത്മാ ഞാൻ ഞാനിങ്ങനെയൊക്കെ നശിച്ചു പോയാലും നശിക്കാത്തതാണ് ആത്മാവെന്ന് പറയേ തസ്മാർഭൂതായും അനസിണിഭൂതായും നത്വം ശോചിത മനസ്സി ഇതുവരെ പറഞ്ഞു ഇതുവരെ പറയും ആത്മബുദ്ധി അതാണ് ഉപദേശിച്ചത് ആത്മാവിനെ കുറിച്ചുള്ള ബോധമാണോ ഇവിടെ ഉപദേശിച്ചത് ആത്മാവിനെ അറിഞ്ഞു ഇനി എന്താണ് ആത്മജ്ഞാനപൂർവക മോക്ഷസാധനം കൊണ്ട് കർമാനുഷ്ഠാനം ആത്മജ്ഞാനത്തോടുകൂടിയ ആത്മജ്ഞാനപൂർവക ആത്മജ്ഞാനത്തോടുകൂടിയ മോക്ഷസാധനമുണ്ട് മോക്ഷത്തിന് സാധനമായിരിക്കും കർമാനുഷ്ഠാനേ ആ കർമാനുഷ്ഠാനത്തിന് വേണ്ട യോഗ ബുദ്ധിയോഗം അതിനുവേണ്ട ബുദ്ധിയോഗം എന്ന് വെച്ചാൽ കർമ്മയോഗം അതിനാണ് ബുദ്ധിയോഗം കർമ്മയോഗത്തിലൂടെ ബുദ്ധിയോഗം എന്നുള്ള സംഭവിച്ചത് അപ്പൊ ആത്മജ്ഞാനത്തോടു കൂടിയ ആത്മജ്ഞാനപൂർവകമായ കർമ്മയോഗം എന്ന് അവിടെ ആത്മജ്ഞാനവും കർമ്മവും രണ്ടും ചേർപ്പ് അത് കർമ്മയോഗമാണ് അതെന്താണ് മോക്ഷത്തിന് സാധനമാണ് കർമ്മയോഗം അതാണ് എന്നെ ഉപദേശിക്കുന്നത് ഇതിന്റെ ഇടയ്ക്ക് കുറച്ച് ഭാഗമാണ് ആ ഇടയ്ക്ക് വന്ന ഭാഗങ്ങൾ അതോ ആ പ്രിറ്റോ ആ ഇങ്ങനെയെല്ലാം പറഞ്ഞത് ആ ഭാഗങ്ങൾ ആ അർജുനന്റെ ദുഃഖത്തെ മാറ്റുന്നതിന് വേണ്ടി പറഞ്ഞ കാര്യങ്ങളാണ് അങ്ങനെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അർജുനന്റെ ആശോകത്ത് മാറ്റുന്നതിന് വേണ്ടിയാണ് ഈ ഇടയ്ക്ക് കുറച്ച കാര്യങ്ങൾ അതിനൊന്നു പറഞ്ഞത് ആത്മബോധം പറയാൻ പോകുന്നത് കർമ്മയോഗം അവസാനം പ്രജാഭേതാവാൻ എന്ന് പറയുന്നത് ജ്ഞാനയോഗം ഒരു അദ്ദേഹത്തിൽ തന്നെ ആത്മജ്ഞാനത്തെ ഉപദേശിക്കുന്നു കർമ്മയോഗത്തെ ഉപദേശിക്കുന്നു ജ്ഞാനയോഗത്തെ ഉപദേശിച്ചു സഹയോഗശ് വെച്ച് ഇവിടെ യോഗം എന്ന് പറഞ്ഞാൽ കർമ്മയോഗങ്ങൾ ഇവിടെ പദ്ധതി ഇതോടെ സംഗീത ആത്മജ്ഞാനങ്ങൾ ഉപദേശിച്ചു ബുദ്ധിട സംഗീ ബുദ്ധി സംഗീതം യോഗയിൽ ഇനി യോഗത്തെ കർമ്മയോഗമാണ് അതിനോട് എങ്ങനെ വ്യത്യാസം അപ്പൊ യോഗത്തിന് കർമ്മയോഗം അർത്ഥമുണ്ട് എടുത്ത് പറയാൻ കാരണം ഇനി ധ്യാനയോഗത്തെ കുറിച്ച് പറയുന്നുണ്ട് അതും നിങ്ങൾ വേർതിരിച്ച് കാണിക്കാൻ പറ്റില്ല യോഗമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ധ്യാനയോഗമാണ് അല്ലെങ്കിൽ ഹടയോഗമാണ് അഷ്ടാംഗയോഗമാണ് ഒന്നും ധരിക്കില്ല കർമ്മയോഗിയോഗം കർമ്മിയോഗരണം വന്നിച്ച് കൃപണ ഫലഹേതം എന്ന് പറയാൻ പോകുന്നതാണ് ദിവക്ഷേ ദൂരേ കർമ്മബുദ്ധിയോഗം തക്കാൾ മോശമാണ് കേവല കർമ്മം അതിനി പറയാൻ പോകുന്ന കാര്യമാണ് കർമ്മയോഗമാണ് ശ്രേഷ്ഠം ആ ബുദ്ധിയോഗം അതായത് കർമ്മയോഗം ആത്മജ്ഞാനത്തോടുകൂടി ചെയ്യുന്ന കർമ്മം അതാണ് ബുദ്ധിയോഗം അതിനേക്കാൾ മോശമാണ് അങ്ങനെ ആത്മബോധമില്ലാതെ ചെയ്യുന്ന കർമ്മം അതിനെ പറഞ്ഞുവച്ചു തത്ര യോഗേ ബുദ്ധി പ്രക്തവ്യ താം ഉമാ അവിടെ യോഗത്തിലുള്ള ബുദ്ധി എന്ന് വെച്ചാൽ കർമ്മത്തിലുള്ള ബുദ്ധി കർമാനുഷ്ഠാനത്തിലുള്ള ബുദ്ധി അതാണ് യോഗത്തിലുള്ള ബുദ്ധി തം ഉമാധീയമാനാണ് അത് പറയാൻ പോവുകയാണെങ്കിൽ മനസ്സിലാക്കുക കർമ്മയോഗത്തിലുള്ള ബുദ്ധി ഏകാധ്യായ കർമ്മബന്ധം പ്രവാസ്യസിടു കൂടിയവൻ കർമ്മബന്ധത്തെ ഇല്ലാതാക്കുന്നു കർമ്മയോഗത്തിന് വേണ്ട ബുദ്ധിയെന്ന് വെച്ചാൽ ആത്മബോധം ആത്മബോധത്തോടുകൂടിയുള്ള കർമ്മം കർമ്മബന്ധത്തെ നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ പറയുന്നു കർമ്മണാബന്ധ കർമ്മബന്ധത സംസാരം സംസാര ബന്ധത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു അപ്പൊ ഇവിടെ വ്യത്യാസമാണ് അദ്വൈതികൾ പറയുന്നു കർമ്മബന്ധം കർമ്മബന്ധി സംസാരത്തിൽ മോചിക്കുക ഇന്ന് ജന്മം ഇല്ലാതിരിക്കുക അതൊക്കെ ഈ കർമ്മബന്ധത്തിന് അഭ്യധി പറയുന്ന കൂടെ താഴെ വ്യാഖ്യാനത്തിൽ അവസാനം പറയുന്നു ഏതെങ്കിലും അനുഷ്ഠീയുമാനം ഈ കർമ്മം ചെയ്യുമ്പോൾ കർമ്മത്തോട് ബന്ധമില്ലാതിരിക്കുക എന്ന് പറയുള്ളൂ അതങ്ങനെ മനസ്സിലാക്കിയ ഇത്രയൊരു കർമ്മഗന്ധമില്ലായ്മ സംസാരത്തിൽ നിന്നുള്ള മോചനമാണ് എന്ന് മനസ്സിലാക്കുന്നു അതിന് മുമ്പോട്ടുള്ള ഭാഗങ്ങൾ അതൊക്കെ വിശദീകരിക്കും അത് തമ്മളുടെ വ്യത്യാസം കേവലം ചെയ്യുന്നവർ കർമ്മത്തോട് ബന്ധമില്ല എന്ന് പറഞ്ഞാൽ പോയാലും സംസാരമെത്തി അതാണ് കർമ്മയോഗത്തിന്റെ ഫലം അങ്ങനെ മനസ്സിലാക്കണം അതാണ് ഈശാദ്യ അഭിത സംഖ്യ സംഖ്യ ബുദ്ധി എന്നാണ് സംഖ്യത്തുള്ള ബുദ്ധിയാണോ പറഞ്ഞത് കർമ്മയോഗം കർമ്മയോഗം എന്ന് വെച്ചാൽ പറയാൻ പോകുന്ന കർമ്മയോഗത്തെ കുറിച്ചാണ് കൂടിക്കഴിഞ്ഞാൽ കൂടി കഴിഞ്ഞാൽ സംസാരത്തിൽ നിന്ന് മുക്തനായിരുന്നു കർമ്മയോഗം തന്നെ സംസാരമുക്തിക്ക് പോയിരിക്കുന്ന കേവലം കർമ്മത്തിനോട് സംബന്ധമില്ലാതിരിക്കാമെന്നെല്ലാം അദ്വൈതി പറയും താങ്കളൊരു സങ്കുചിതമായ അർത്ഥം കൊടുത്തു കർമ്മയോഗം തന്നെ സംസാരമാക്ഷ്യമാണോ ബുദ്ധി വിത്യസ് കർമ്മണോ മഹാത്മാക്ഷ്യമാണോ ബുദ്ധി എന്ന് വെച്ചാൽ കർമ്മയോഗത്തിൽ ബുദ്ധിയുക്തസ്യ കർമ്മം അതിന്റെ കർമ്മയോ അതിൽ പറയാൻ പോകുന്ന പക്ഷ്യമാണ് ബുദ്ധിയുക്തം ബുദ്ധിയുക്തമായ കർമ്മം വെച്ചാൽ കർമ്മയോ അതിന്റെ മഹാത്മ്യത്തെ കുറിച്ച് പറയും അപ്പൊ പൊതുവെ എല്ലായിടത്തും ഇങ്ങനെ പറയാൻ പോകുന്ന കാര്യത്തെ കാര്യത്തെ ഒരുപാട് ശുചിച്ച് പറയും ഉപഴ്ത്തി പറയും അതോടെ വേഗാനി പറയുന്നുണ്ട് ഉപക്രമീ മഹാത്മ്യ കഥനേന അതിശയ ജനനായ പ്രയോജന ക്രിയേക്ക് ഈതാ മഹാത്മ്യം എന്നാൽ പറയും ഇങ്ങനെ കുറിച്ച പ്രയോജനങ്ങളുണ്ടാവും പാപനശത്തി സ്വർഗ്ഗത്ത് പറയും ഈ മഹാത്മ്യ കഥനുവേണ്ടിട്ടാണോ ഇവിടെ ഇപ്പോൾ കർമ്മയോഗത്തിന്റെ മഹാത്മ്യം പറയുക എല്ലായിടത്തും മനസ്സിലാവും അപ്പൊ അത് അക്ഷരാർത്ഥത്തിൽ അങ്ങനെ ഒരു ഫലം ഉണ്ടാകുമെന്നുണ്ട് പറയുന്നു ഗീത പഠനം കൊണ്ട് എന്താ സംഭവിക്കുന്നത് മുക്തിയാണ് എന്നാൽ ഗീത പഠിച്ചു കഴിഞ്ഞാൽ പാവം നശിച്ചു സ്വർഗത്ത് പോകും എന്നൊക്കെ പറയുന്നൊരർത്ഥമാണ് അപ്പൊ പിന്നെ എന്തിനാണ് പറയുന്നു ബക്രമിയും മഹാത്മ്യ കഥന രണ്ടായിരത്തി എങ്ങനെയാണ് ബുഹുത്സ അതിശയത്തിന് ഈ വിഷയത്തെക്കുറിച്ചുള്ള ബോധവിച്ച ബുക്ക് അറിയുന്നതിനുള്ള ആഗ്രഹം ഉണ്ടാകുന്നു പ്രലോചനക്കുകയും അതിൽ രുചിയുണ്ടാക്കുക ആ വിഷയത്തിൽ അഭിരുചി ഉണ്ടാകുന്നതിന് വേണ്ടി കളർ പ്രലോചന അതുകൊണ്ട് ഏതൊരു വിഷയത്തെക്കുറിച്ച് പറയുമ്പോഴും ആ വിഷയത്തെക്കുറിച്ച് ഉയർന്ന കൊപ്പ് പറയും ആദ്യം അങ്ങനെ പറയുന്നത് പറയും ഗീത ഇവിടെ മഹാത്മയെ കുറിച്ച് പറയും പറയും ഗീത പഠിക്കുന്നുവെന്ന് എത്രയോ പിതൃക്കൾ പൂർവ്വ പിതൃക്കൾക്കെല്ലാം മോക്ഷം കിട്ടും ഇങ്ങനെയെല്ലാം പറയും അപ്പോൾ ഒരാൾ ഗീത പഠിച്ചുകൊണ്ട് വിചാരിച്ചു പിതൃക്കളെല്ലാം മോശം കിട്ടും ഗീത പറയുന്ന പോലുള്ള ഭക്തിയോ കർമ്മയോഗമോ ഞാനോ ഒന്നും കൂടാതെ ആൾക്കാർക്ക് മോഷം കിട്ടും അതൊക്കെ ഗീതയോട് താല്പര്യം ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നതാണ് അന്ന് അക്ഷരാർത്ഥത്തെ എടുക്കരുത് മോക്ഷം എന്ന് പറയുന്നത് അവരൊന്നും പരിശ്രമിച്ചറിയണ്ട വേറെ ആൾ പരിശ്രമിച്ചുണ്ടോ എന്നാലും ഇങ്ങനെയല്ല പറയാറുണ്ട് എന്തെങ്കിലും പ്രോച അഭിരുചി വിഷയത്തോട് താല്പര്യം ഉണ്ടാക്കാൻ വേണ്ടിയ സ്ഥിതിക്ക് യോഗശാസ്ത്ര സിദ്ധികളെ കുറിച്ച് പറയും ഇതുപോലെ അഭിരുചി ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന കാര്യമായിട്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാർക്ക് താല്പര്യം യോഗശീലിക്കാവുന്നില്ല മുമ്പോട്ടേ മത്സരം അതെല്ലാം പിന്നീട് തടസ്സമാണ് യോഗത്തിൽ എന്ന് പറയുമ്പോൾ അതും ആഗ്രഹം വേശി നടക്കുന്ന കാര്യങ്ങൾ നേഹഅതിക്രമ ആശ്വസിച്ച് ഇത്യവായോദ്യതെ സമപ്യധർമ്മ എല്ലാവരും ഒരുപോലെ വ്യാഖ്യാനിക്കുന്ന മൂന്നാല് പദ്യങ്ങളെല്ലാം കേവല കർമ്മം അല്ല കർമ്മയോഗമാണ് മഹ മഹത്തായെന്ന് പറയാൻ വേണ്ടി പറയണം അതുകൊണ്ട് ഇതിനെ വിശേഷിച്ച് വ്യാഖ്യാനിക്കാനൊന്നും വെറുതെ കർമ്മം ചെയ്താൽ കർമ്മയോഗമാണ് കാര്യങ്ങളെല്ലാവരും ഒരേ പോലും ഉപയോഗിക്കാനും ഇഹ കർമ്മയോഗേ അഭിക്രമനാശം കർമ്മയോഗത്തിൽ അഭിക്രമനാശമാണ് മാചാരം ഇതിൽ പറയാൻ പോകുന്നത് സ്വത്വമൊക്കെ അസ്യധർമ്മയും മുഖത്തുമൊക്കെയാണ് ഈ ധർമ്മ ജ്ഞാനമായാലും ശരി ഭക്തിയായാലും ശരി കർമ്മമായാലും ശരി എന്തായാലും അത് ആത്മീയമായ അനുഷ്ഠാനം അല്പമായ മുക്തിക്ക് ഉപകരിക്കുന്ന പറയുന്നത് ആശയങ്ങളിൽ തുടങ്ങിക്കഴിഞ്ഞാൽ അഭിക്രമിച്ച ആരംഭം തുടങ്ങിയാൽ പിന്നെ ഇതിനെന്താണ് നാശമുണ്ട് എത്ര മാത്രം ചെയ്യുന്നു അതിന് ഫലമാണ് പൂർത്തിയാക്കിയാലേ ഫലമുള്ള ചെയ്യുന്നതിന് ഫലമുണ്ട് എത്രയാണോ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന അതിനുള്ള ഇത്ര ലക്ഷം ഡെപ്പോസിറ്റ് ചെയ്താലേ പലിശയുള്ളൂ അങ്ങനെയല്ല ചെയ്യുന്നതിന് അതാണ് ഇത് കർമ്മയോഗത്തെക്കുറിച്ച് പറയുകയാണ് നാശ ഫല സാധന ഭാവനാശ ഫലം സാധനം ആ ചെയ്യുന്നതിൻ്റെ ഫലം അത് സാധനമാണ് ആ സാധനഭാവത്തിന് ഇത് സാധനമാണ് ചെയ്യുന്നത് കർമ്മയോഗം കുറച്ച് അനുഷ്ഠിച്ചാലും അത് കർമ്മയോഗം തന്നെ അതിന് മാറ്റമില്ല നാശം അതിൻ്റെ ഫലത്തിനും ചെയ്യുന്നതിനുള്ള ഫലവും കിട്ടും അസമാപ്ത വിഛിന്നസ്യാൻ നഷ്ടപ്പെട്ടു അപ്പോൾ കർമ്മയോഗം തുടങ്ങിക്കഴിഞ്ഞാൽ കർമ്മം യോഗാത്മകമായി ചെയ്യുകയാണെങ്കിൽ അസമാപ്ത അത് എവിടെയെങ്കിലും വെച്ച് തുടങ്ങിപ്പോയാൽ അയാൾ കർമ്മയോഗമൊക്കെ കളഞ്ഞിട്ട് വേറെ എന്തെങ്കിലും പണിക്ക് പോവുകയാണ് അതിനോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു അഭിരുചി നഷ്ടപ്പെട്ടു അങ്ങനെ വന്നു കഴിഞ്ഞാൽ അയാൾ ചെയ്തതിനുള്ള ഫലമാണ് വിഛിന്നസയാണ് മുറിഞ്ഞുപോയാൽ ഇടയ്ക്ക് മുറിഞ്ഞുപോയി ചിലപ്പം ആള് കർമ്മയോഗിയായി തുടങ്ങുന്നു പെട്ടെന്ന് മരിച്ചു അപ്പൊ വിഛിന്നമായി അയാൾക്കൊന്നും സംഭവിച്ചല്ല അയാൾ നിറത്തി അപ്പൊ അസമാപ്തമായ ജീവിതത്തിൽ ആയുസ്വന്തൊക്കെ ചെയ്യാൻ നുഷ്പലം അതിന് നിഷ്ഫലമാകുന്നില്ല അത് ശരിയാണ് എല്ലാ കാര്യങ്ങളിലും അങ്ങനെയാണ് ചെയ്യുന്ന പ്രവൃത്തിക്കും നല്ലതായാലും ശരി ചെയ്യുക പ്രകൃതിയുടെ എവിടെയാണൊരു പ്രതിഫലം മനുഷ്യനുണ്ട് അത്തൽക്കാലമായിരിക്കും പിന്നീടായിരിക്കും വലുതായിരിക്കും ചെറുതായിരിക്കും പക്ഷെ പ്രകൃതി അങ്ങനെ ഒരു നിയമവിധേയമായിട്ടാണ് പ്രവൃത്തി ആ പറയുന്നത് മനുഷ്യർ മനസ്സിലാക്കാൻ കഴിഞ്ഞു ഒരു നിയമ വ്യവസ്ഥയ്ക്ക് കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിൽ നടക്കും വിധേയമായി കാര്യങ്ങൾ നടക്കുന്നവരും പഴയ കാലത്തെ വെച്ചിട്ടുണ്ട് ആധ്യാത്മികമായി ചിന്തിച്ചപ്പം അവർ കിട്ടിയിരുത്തവർ എന്താണെന്ന് ഈശ്വരനേർപ്പെടുത്തിയ നിയമങ്ങളാണ് അങ്ങനെ ഒരു നിയമം ഈശ്വരനേർപ്പെടുത്തിയ നിയമങ്ങൾ എല്ലാം ഇങ്ങനെ പോകുന്നതാണ് ഭൗതികമായി ചിന്തിച്ചവർ കണ്ടെത്തിയ സമാധാനം <going> to natural, the natural നാച്ചുറൽ ഡാസ് പ്രകൃതി നിയമം ഭൗതികവാദികൾ ഈശ്വരൻ്റെ അംഗീകരിക്കാൻ കഴിയാത്തത് ഭൗതിക നിയമങ്ങളാണ് എന്തായാലും നിയമമുണ്ട് ആ മനുഷ്യർ ഇതിനെക്കുറിച്ചും ആധ്യാത്മികമായി അന്വേഷിച്ചതിന്റെത്തേക്ക് ഒരു നിയാമകനെ കണ്ടെത്തിയോടുകൂടി അവരന്വേഷണം അവിടെ നിലച്ചും നിയമങ്ങൾക്കും കാരണമുണ്ടാകുന്നത് ഒരു ഈശ്വരനാണ് ഈശ്വരനെ കണ്ടെത്തിയോടുകൂടി പിന്നെ അവരെ അന്വേഷണം ഒക്കെ നിർത്തിയാണ് ഇനി നിയമങ്ങളെ കുറിച്ച് അന്വേഷിക്കണ്ട ഈശ്വരനെ കുറിച്ച് അന്വേഷിച്ചാൽ മതി പഴയകൾക്ക് അങ്ങനെയാ സംഭവിച്ചു നിയമത്തിനെ കുറിച്ച് എന്തിനന്വേഷിക്കണ്ടിയാപകനെ കണ്ടെത്തിയല്ലോ ഈശ്വരനെ അപ്പൊ പിന്നെ എല്ലാ അന്വേഷണങ്ങളും ഈശ്വരനെ ചുറ്റിപ്പറ്റിയോ ദീർഘകാല മനുഷ്യൻ അങ്ങനെ ഈ നിയമത്തെ കുറിച്ചുള്ള അന്വേഷണമാണ് നിയാമകനെത്തി ഈശ്വരനെത്തിച്ചേർന്നതിന്റെ ഈശ്വരനെ കുറിച്ചോ ഈശ്വരനെ കുറിച്ച് അന്വേഷിക്കാൻ പോയപ്പോൾ എന്തു ചെയ്തു ഇവർക്കൊരു പിടിയും കിട്ടുന്നില്ല അപ്പോൾ ഒരുപാട് സിദ്ധാന്തങ്ങളുണ്ട് എന്താണ് ഈ പറയുന്ന ഇഷ്ടം അപ്പൊ സിദ്ധാന്തക്കുരുക്കുകളിൽ പെട്ട് ഓരോരുത്തർക്കും ഞങ്ങൾ കണ്ടെത്തിയതാണ് ആ ഈശ്വരൻ എന്നു വാച്ചു പിടിച്ച് തർക്കിക്കാൻ തുടങ്ങി തർക്കിച്ച് തർക്കിച്ച ഇന്നും ആ ചിന്ത ഈശ്വരനെ ചുറ്റിപ്പറ്റിയാണ് ഇരിക്കുന്നത് നിയമങ്ങളെ കുറിച്ചുള്ള ചിന്തയാണ് ഇവിടെ എത്തിച്ചത് ഭൗതികത്തിൽ അങ്ങനെ സമീപകാലത്തുണ്ടായിരുന്നേക്കും ശരി ഭൗതികത്തിൽ എന്താ പറയുന്നു അവർ പറയുന്നു നിയമങ്ങളുണ്ട് വ്യക്തമായ വീടുകളുടെ ഈ പ്രപഞ്ച പ്രവർത്തനങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവര് ഇന്നും വളരെ ഊർജ്ജസ്വലതയോടുകൂടി അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ നിയമങ്ങളെ കണ്ടെത്തുക അതിനെ നിർവചിക്കുക കാലം മറന്നതിനനുസരിച്ച് പരിഷ്കരിക്കുക വീണ്ടും വീണ്ടും പുതിയ നിയമങ്ങളെ കണ്ടെത്തുക അതാണ് ഭൗതികമായ അന്വേഷണം രണ്ട് നമ്മളെ വ്യത്യാസം ആത്മീയമായ അന്വേഷണത്തിന് വളർച്ചെന്ന് തടഞ്ഞുപോയി ഭൗതികമായ അന്വേഷണമെന്ന് പറയുന്നത് അത് വളർന്നുകൊണ്ടേയിരിക്കുകയാണ് മാറിക്കൊണ്ടേയിരിക്കുകയാണ് ഒരു നിയമത്തെ കണ്ടെത്തിയാൽ തന്നെ അവൻ്റെ നിർവചനത്തിനും വ്യാഖ്യാനത്തിനൊന്നും അധികം ആയുസ് കൊണ്ടാണ് അവരുടെ അത് പുതിയ നിയമങ്ങൾ പുതിയ നിർവചനങ്ങളുണ്ട് അവരുടെ നിയമം അത് എന്നും മാറിക്കൊണ്ടേയിരിക്കുക മനുഷ്യൻ്റെ ഔക്സിറ്റ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നിയമങ്ങളെ പ്രശ്നിക്കുന്നു അപ്പൊ നിയമം എന്തായാലും രണ്ടു കൂട്ടിലും അംഗീകരിക്കുന്നു ഭൗതികത അവരൊരു നിയാമകനെ അംഗീകരിക്കുന്നു നിയമത്തെ അംഗീകരിക്കുന്നു ആത്മീയതയും നിയമത്തെയും നിയാമകനെയും അംഗീകരിക്കുന്നു അവരുടെ വ്യത്യാസം പറയുന്നത് എന്താണോ ആരബ് അസമാപ്ത വിഛിന്നസ്യാ നിഷ്ഫലം ഒന്നും നിഷ്ഫലമാകില്ല എല്ലാത്തിനും ഒരു ഫലം എവിടെയോ ഇത് പരസ്പരം കണക്ട് ചെയ്യുക ആരബ്ധ്യ വിച്ഛേദി പ്രത്യവായോപിതേ ഇനി കർമ്മയോഗത്തെക്കുറിച്ച് പറയാണ് കർമ്മയോഗം തുടങ്ങി അതിന് വിച്ഛേദത്തെ സംബന്ധിച്ച് പാപമില്ല അപ്രതി വായിലുണ്ട് അത് ഇത് പ്രത്യേകിച്ചും പറയുന്നത് ഈ വൈദികമായ കർമ്മങ്ങളെ സംബന്ധിച്ച് പറയുന്നത് വൈദികമായ കർമ്മങ്ങളെ സംബന്ധിച്ച് വിച്ഛേദമൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ പാപമാണ് ഒരു പറയും എന്നൊക്കെ പോലെ അതാപ്പം മാത്രം ബ്രഹ്മരക്ഷാ ബ്രഹ്മരക്ഷ വൈദിക കർമ്മങ്ങൾ വിച്ഛിന്നമായി കിട്ടുക സ്വർഗം കിട്ടുക എന്ന് മാത്രമല്ല ബ്രഹ്മരക്ഷസാവും ആരാ ബ്രഹ്മരക്ഷസാവും ആരാണ് പുരോഹിതൻ എന്താണ് യജമാനും കാശു മുളകുന്നു അതായത് കർമ്മം തുടങ്ങിക്കഴിഞ്ഞാൽ വൈദികമായ കർമ്മം തുടങ്ങിക്കഴിഞ്ഞാൽ അത് പൂർത്തിയാക്കേണ്ട ഉത്തരവാദിത്വം യജമാനാണ് കാശു മുളകുന്നത് വലിയ കാശു മുളി അശ്വമേധം പോലെയുള്ള കർമ്മങ്ങൾ ചെയ്യുക ക്ഷത്രിയനെ സാധിക്കും മ്പത്തുണ്ടാക്കി കർമ്മം ചെയ്തു കഴിയുമ്പോ ഈ കൊടുക്കേണ്ട ദക്ഷിണ കുറഞ്ഞു പോയാൽ തന്നെ പരിസരമാണ് ധ്രമ്പരീക്ഷ സ്വർഗം കിട്ടില്ല എന്ന് മാത്രമല്ല ധ്രമ്പരിശസ്ത ഇതത് എഴുതി വച്ചിരിക്കുന്നതാണല്ലോ കർമ്മം പൂർത്തിയാകാതിരിക്കാന്ന് പറഞ്ഞാൽ ആ ദക്ഷിണ കുറഞ്ഞാലും സ്വർണ്ണ ദാനം ചെയ്യുന്നതിന് പകരം വെള്ളി ദാനം ചെയ്താൽ പുരോഹിതനും ഒരു കുഴപ്പമില്ല പുരോഹിതന് വെള്ളികെട്ടിയാൽ യജമാനും ബ്രംഭരീക്ഷസാവും ഇത്തരം തട്ടിപ്പും ചതിയുമാണ് പൗരോഹിത്യത്തിന്റെ ദോഷം എന്ന് പറയുന്നത് നൂറ്റാണ്ടുകളായി ഇങ്ങനെ ആൾക്കാരൊത്തോ ൂടെ എഴുതി വച്ചിരിക്കുന്നതാണ് ഞാൻ ഇതി കൂടുതലും മനുഷ്യനെ പറ്റിക്കാറില്ല പൊതുവെ തന്നെ ഒരു ദോഷമുണ്ട് യജമാനൻ ബ്രഹ്മക്ഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലത്തൊക്കെ മനുഷ്യൻ വിശ്വസിച്ചു ഇന്നത് ആരെങ്കിലും വിശ്വസിക്കുന്നു ഒരു പക്ഷേ കൂടെ നിങ്ങളെപ്പോലെല്ലാം മുടങ്ങാതെ വിശ്വസിക്കുന്നവരാണ് പുറത്താരും വിശ്വസിക്കും പൗരോഹിത്യ ചതി എന്ന് പറയും മനുഷ്യനെ ചതിക്കുക വഞ്ചിക്കുക എന്നിട്ട് അവൻ്റെ മേൽ ആധിപത്യസ്ഥ ആത്മീയ സന്ദർഭങ്ങളിൽ ഇതൊക്കെ പ്രകടമാകും കാരണം ഇതൊക്കെ ഇതിനകത്തുള്ള അപ്പൊ അതിനെ തുറന്നു കാണിക്കുന്നു അത് അധികം പറഞ്ഞാൽ പ്രത്യമായി കർമ്മയോഗമാണെങ്കിൽ ആ കുഴപ്പം കർമ്മയോഗമാണെങ്കിൽ തുടങ്ങിയത് അവസാനിപ്പിച്ചില്ലെങ്കിലും അവിടെ പ്രത്യേക പാപ അപ്പൊ ഇനി അടുത്ത് വരുന്ന ഭാഗങ്ങളിലെല്ലാം ഈ വരം ഈ ഒരു സന്ദർഭം എല്ലാം കർമ്മത്തെ അങ്ങനെയുള്ള കർമ്മങ്ങളെ നിഷേധിക്കുകയാണ് അത്തരം കർമ്മങ്ങളുടെ ആവശ്യമുണ്ട് എന്നാണ് പറയാം വെക്കാൻ എന്ന് പറയും നിത്യ നൈമിത്യകാന്യവിച്ഛേദ്രംഭരായം പൃഥ്വി ഭവയം നിത്യകർമ്മങ്ങളും നൈമിത്യകർമ്മങ്ങളും ഇതൊക്കെ ഒരു വൈദിക പശ്ചാത്തലം എഴുതുന്ന ആ നിത്യ നൈമിത്യകർമ്മങ്ങൾ പോലും അത് വിച്ഛരിച്ച ഫലം കിട്ടത്തില്ല പാപമാണ് അശക്തിയാദിമൂലം ഈശ്വർ മാത്രം ഇതി തത്ര ചെയ്യും ചെയ്യുമ്പോൾ ഒരാൾക്ക് പനി അത് ചെയ്യാൻ പറ്റുന്നില്ല അതാണ് അശക്തി അധികം അതൊന്നും സമാനം സംസാരം അസഹത്തക്കഥയുണ്ട് അവിടെ പാപം ഉണ്ടാകാത്തത് കാരണം അന്ന് ഇന്ന് കുളിച്ച് ഇന്ന് കുളിക്കാൻ പറ്റിയില്ല ഹോമം നടത്താൻ പറ്റിയില്ല ഒരു പ്രായ ചെത്തോളം ഇത്ര സമയം പ്രാണായാമിച്ച് ഗായത്രി പരിഹാരം അതിന് ദോഷമുണ്ട് എന്നൊണ്ട് ദോഷമില്ല അവിടെ യജമാനില്ല ദോഷമൊക്കെ വരുന്ന യജമാനിന്റെ തലയിലാണ് ഇത് സ്വയം ചെയ്യുന്നതാണ് വൈദിക അവിടെ എന്തെങ്കിലും ന്യൂനതകൾ വന്നു കഴിഞ്ഞാൽ വൈദികന് സംരക്ഷണമാണ് യജമാനാണ് എന്തെങ്കിലും ന്യൂനത വന്നു കഴിഞ്ഞാൽ അയാൾ ബ്രഹ്മരക്ഷസും ഇങ്ങനെയൊക്കെയുള്ള മൊത്തം തട്ടിപ്പ് പരിപാടിയിലുണ്ട് ഖ്യ സ്വൽപ്പാമി മഹതോഭയാ സംസാരഭയാത്ര എന്നിവരെയും കർമ്മയോഗമാണ് സ്വൽപ്പം അനുഷ്ഠിച്ചാലും മതി മഹതോഭയാൽ സംസാരഭയാത്ര സംസാരത്തിൽ കർമ്മയോഗം അങ്ങനെ ഒരു ഗുണമാണ് ഭയം നടത്തുക പാർത്ഥ നൈവേഹന വിനാശ്ശേരി വിദ്യേ നശി തധ്യക ശുചീനഷ്ട്രാതേ ആ സന്ദർഭ അവിടുത്തെ ദേവിതേനാമസ്യ വിദ്യ അങ്ങനെ കർമ്മയോഗിക്ക് നാശമൊന്നുമില്ല ഈ ജന്മത്തിനൊരു അകാല ജന്മമാണ് ഞാന കുഴപ്പമില്ല അടുത്തത് നല്ല ജന്മം കിട്ടും എന്ന് പറയുന്നത് ഇത് ഇത്തരത്തിൽ പ്രപഞ്ചയിഷ്യത അതിനിപ്പം ഏതാണ് പറയുന്നത് സ്വപ്നധർമ്മ പ്രായത്തിന് ആധ്യാത്മികമായി ചിന്തിക്കുമ്പോൾ അത് ഗുണമുള്ള കാര്യമാണ് അതുകൊണ്ടല്ല ആത്മീയമായ നല്ല വിചാരം നല്ല പ്രവൃത്തി അത് ഒരാളെ ദീർഘകാലം അനുഷ്ഠിച്ചു അയാളുടെ ജീവിതത്തിൽ കുറച്ചെങ്കിലും നന്മയുണ്ടെങ്കിൽ തീർച്ചയായും നന്മ ഫലവും ഉണ്ടാവും നന്മയുടേതായ ഒരു ഫലവും അത് ഉണ്ടാവണമല്ലോ അതാണല്ലോ പ്രപഞ്ചത്തിന്റെ ദുഷ്പ്രവൃത്തികളാണ് ഒരാളെ വരികയാണെങ്കിൽ അയാൾക്ക് അതിന്റേതായ ഫലമുണ്ടാവും പൊതുവെ അങ്ങനെയാണ് കാണുന്നത് ആ ദുഷ് ദുഷ്പ്രവൃത്തികളുടെ ഫലം പ്രകടമായി കാണുന്നില്ല ദുഷ്പ്രവൃത്തി ചെയ്യുന്നവരും സുഖമായി ജീവിക്കുന്നതിനെ ആ ദുഷ്പ്രവൃത്തിയുടെ ഫലമെന്ന് പറയുന്ന മാനസികമായി പുറമേയല്ല മാത്രം അനുഭവിക്കുക മാനസിക സംഘർഷങ്ങളായി വരാം ഏതെങ്കിലും തരത്തിലൊരു ഫലം ഉണ്ടാകും നമുക്കത് നമ്മൾ മറ്റുള്ളവരെ അറിയണമെന്ന് അത് അയാളെ അറിഞ്ഞാൽ അയാളെ അനുഭവിച്ച മറ്റാരും അറിയാതെ ഒരാളെ തെറ്റ് ചെയ്തി തെറ്റാണെന്നുള്ളൊരു ബോധം ആയത് ഉണ്ടെങ്കിൽ ഒറ്റബോധം അയാളുടെ ഉണ്ടാവും അതായത് വേട്ടയാടുമ്പോൾ മാനസികമായ സംഘർഷം മറ്റുള്ളവർ അറിഞ്ഞ് അയാളെ നിയമവ്യവസ്ഥയ്ക്ക് കൊണ്ടുവന്നു ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്നു അതുകൊണ്ട് നന്മയ്ക്കൊരു ഫലമുണ്ടാവും നന്മയ്ക്കൊരു ഫലമുണ്ടാവും സ്വൽപ്പമാണെങ്കിൽ നമ്മൾ പറയുന്നത് ഈ ആത്മീയ യോഗം സംസാരഭയത്തിൽ നാമ നിരത്ര പ്രപഞ്ചി അന്യാനി ലൗകികാനു വൈദികാന സാധനാന വിച്ഛിന്നാനം എന്ന ഫല ഇനി മറ്റു കർമ്മങ്ങൾ ലൗകികവും വൈദികവുമായിട്ടുള്ള കർമ്മങ്ങൾ കർമ്മങ്ങളെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കേണ്ടത് പൂർത്തിയായി ഫലം കിട്ടേണ്ട കർമ്മങ്ങൾ അതിനാണ് പറയുന്നത് ലൗകിക കർമ്മങ്ങൾ അങ്ങനെ അത് പൂർത്തിയായി ഫലം കിട്ടേണ്ടതാണ് അത് പകുതി വഴുകി വെച്ച് നിർത്തി കഴിഞ്ഞ് പൂർത്തിയായി കിട്ടേണ്ട ഫലം കിട്ടത്തില്ല ലൗകികമായ കർമ്മങ്ങളെ വൈദ്യുത പ്രത്യേകിച്ച് പറയാൻ കർമ്മയോഗത്തിൽ അവരുടെ ഒരു വിഷയം നമ്മുടെ അന്യാന ലൗകികാര വൈദ്യകാല ചികിത്സ വിഛച്ഛന്നായി അതിലെന്തെങ്കിലും മുറിവ് സംഭവിച്ചു അത് പൂർത്തിയാകാതിരുന്നു കഴിഞ്ഞാൽ നമ്പലായുമായി വൃത്തിവായ സ്വഭാവം പാപതാണ് മേഖ പറയുന്നത് വൈദികമായ കർമ്മങ്ങൾ പൂർത്തിയാക്കി തന്നെ ബ്രഹ്മരക്ഷസാവും ചെയ്യുന്നവനാണ് കർത്താവിനാണ് ബ്രഹ്മരക്ഷ പ്രാപ്തി എന്ന് പറയുന്നത് അത് ദക്ഷിണമറഞ്ഞാലും മതി ബ്രഹ്മരക്ഷസായി നമുക്ക് കാമ്യ കർമ്മവിഷയായ ബുദ്ധിയും മോക്ഷസാധനം ഉണ്ട് കർമ്മവിഷയാണ് ബുദ്ധി ബിസിനസ്റ്റ് ഈ രണ്ടുമൂന്ന് മദ്യങ്ങൾ ഇതേ കാര്യം തന്നെയാണ് പറയുന്നത് കാമ്യകർമ്മവിഷയായ ബുദ്ധി കാമ്യകർമ്മ സംബന്ധിച്ചുള്ള ആ ബുദ്ധിയും മോക്ഷസാധനം കർമ്മവിഷയാണ് മോക്ഷസാധനമായ കർമ്മം അതിനെ സംബന്ധിച്ചുള്ള ബുദ്ധി അതിന്റെ മഹത്വത്തെ പറയും മറ്റതിൽ മോക്ഷസാധനം പോകുന്ന കർമ്മകുഷിക്കാൻ ബുദ്ധിമുട്ട് കർമ്മയോ അതിനൊരു ശിക്ഷത്തെ കുറിച്ച് പറയുമ്പോൾ വ്യവസായാത്മിക ബുദ്ധിരേഖയെക്കുന്ന നന്ദന ബുദ്ധിയോ അവസായി പിന്നെ ഇത് ഇങ്ങനെ ഒരു കർമ്മയോഗത്തിന്റെ ഒരു സന്ദർഭത്തിൽ ഇതിങ്ങനെ പറയുമെങ്കിലും ഇത് പലരും വ്യാഖ്യാനീകരണം ഗീതയിലും വൈദിക കർമ്മങ്ങളെക്കാൾ നിഷേധിച്ചു വയ്ക്കുന്നു അങ്ങനെയല്ല വൈദികമായ കർമ്മങ്ങളെല്ലാം നിഷേധിക്കുന്നതുപോലെയല്ല ഈ കർമ്മങ്ങളെല്ലാം വൈദികർമ്മിൽ അത് കർമ്മയോഗമായി അനുഷ്ഠിക്കുന്നു എന്നേ പറയുന്നത് കണ്ടാ വൈദ്യ കർമ്മത്തെ നിഷേധിക്കുന്നു അതൊക്കെ നിഷേധിക്കുന്നു ഈ ശങ്കരാചാര്യ പറയുന്നത് കർമ്മങ്ങളെല്ലാം പാടേ ഉപേക്ഷിക്കുക ആത്മജ്ഞാനം ഗീതേന നിഷേധിക്കുന്നു ദാനം തപക്കർ ഇന്നത്യാജ്യം കാര്യമേവ യജ്ഞദാന തസോട് ഉപേക്ഷിക്കുന്നു യജ്ഞവും പെടുന്നുണ്ട് വ്യക്തമായും പറയുന്നു പ്രവർത്തിക്കുന്ന ചക്രം നീ ചക്രം ഭാവയില്ലേ ദൈവ ഭാവയുന്നു ഈ പറയുന്ന ചക്രം എന്താണോ കർമ്മങ്ങൾ ചെയ്ത് ദേവന്മാരെ സന്തോഷിപ്പിക്കുക ദേവന്മാർ നിങ്ങളെയും യജ്ഞം ചെയ്ത് ദേവന്മാർ സമൂഹത്തിന് ശേഷം വേണം നിങ്ങള് ഭക്ഷണം കഴിക്കാൻ എന്നൊക്കെ പറയുന്നു ഇത് ഇത് കഴിഞ്ഞാണോ പറയുന്നത് അപ്പൊ വൈദിക കർമ്മങ്ങളെ പൂർണമായും സപ്പോർട്ട് ചെയ്യുക പക്ഷെ ഇവിടെ ഈശ്വരനെ പലരും വ്യാഖ്യാനിക്കുന്നു അങ്ങനെയാണ് അതങ്ങനെ എന്തുകൊണ്ട് വ്യാഖ്യാനിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശങ്കരാചാര്യർ അങ്ങനെ ഒരു കാഴ്ചപ്പാട് നമ്മുടെ പാടെ ഉപേക്ഷിക്കും ആരുപേക്ഷിക്കില്ലെന്ന് പറയുക അപ്പൊ ഈ നമ്മള് വ്യാഖ്യാനങ്ങളിലൂടെ പോകുമ്പോൾ ഇതിന് പരസ്പര വിരുദ്ധമായൊക്കെ പല കാര്യങ്ങളുണ്ട് ആ വൈരുദ്ധ്യത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ പറയുക നമ്മൾ ഓരോരുത്തരോ സിദ്ധാന്തങ്ങൾ അനുസരിച്ചിട്ട് വൈരുദ്ധ്യം ഉണ്ടായിരുന്നു ആർക്കും വിശദീകരിക്കാൻ പറ്റും ഒരേ വിഷയത്തെ ഭൗതികമായി വ്യാഖ്യാനിക്കുമ്പോൾ എന്ന് പറയും അദ്വൈതപരമായി വ്യാഖ്യാനിക്കുമ്പോൾ മറ്റൊന്ന് പറയും ഇഷ്ടാദ്വൈതപരമായി വരുമ്പോൾ വേറെ യോഗത്തിനെ ദൃഷ്ടിക്കുവരുമ്പോൾ വേറെ പറയും വിഷയമൊന്നുമല്ല ഒരേ ഗ്രന്ഥങ്ങളൊന്നും വ്യാഖ്യാനിക്കുന്നതല്ല വിരുദ്ധം ഒഴിവാക്കാൻ പറ്റും ഞാൻ പലർക്കും പരസ്പര വിരുദ്ധമായി പലതും പറയേണ്ടി വരികയാണ് അത് ഓരോ സിദ്ധാന്തത്തെ ഇന്നുകൊണ്ട് വരുമ്പോൾ അങ്ങനെ പറ്റുമോ അല്ലാതെ ഒന്നും ഒരിടത്തും പറയാൻ പറ്റും നമ്മുടെ ഗീതിയിൽ തന്നെ ഇത് പല പറയുന്നു കർമ്മത്തെപേക്ഷിക്കാൻ നമ്മൾ പറയുന്നില്ല ത്യാഗത്തെ കുറിച്ചൊക്കെ പറയുന്നിടത്തേനെന്താണ് സാത്വികമായ ത്യാഗത്തെ കുറിച്ചു കാര്യം വിദ്യയത് കർമ്മ നീലം തറിയത് ആ സംബന്ധിച്ച് എക്താ പറഞ്ഞു അതാണ് സർവകർമ്മ അർത്ഥം ർമ്മനം ചെയ്യുന്ന ആദ്യം എത്ര ഗീതി പറയുന്നത് ഗതി പറയുന്ന സർവകർമ്മ സന്യാസി അല്ലാതെ ശങ്കരാചാര്യ പറയുന്ന അതാണ് ഗീതിയുടെ വരികടയിലൂടെ നമുക്ക് കിട്ടുന്ന വിടെ കർമ്മത്തെ ഉപേക്ഷിക്കുക എന്ന് പറയുന്ന പ്രശ്നമേ വര അനുഷ്ഠിക്കാന്ന് പറ അങ്ങനെ സർവകർമ്മങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളത് വരികയാണെങ്കിൽ ഗീത എന്ന് പറയുന്നത് അർത്ഥശൂന്യമായി എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ഇവിടെ യുദ്ധം നടന്നത്തില്ല യുദ്ധത്തിന് ആ മനസ് പറയ യുദ്ധ അതിന് വേണ്ടിയിട്ട് കർമ്മം ഴിഞ്ഞ പിന്നെ ഇങ്ങനെ യുദ്ധം നടക്കും ശങ്കരായ ബുദ്ധി വൈഭവം കൊണ്ടതിനെ തിരിച്ചും മറച്ചും വളച്ചും തിരിച്ചും ഒടിച്ചും മറക്കുകയും ഇതെല്ലാം ഒപ്പിക്കുകയും അതൊരാളുടെ ബുദ്ധി സാമർഥ്യം അത് വേറെ കാര്യം ഇത് നമുക്ക് നോക്കാം രാമാനുചാചാര്യരുടെ ബുദ്ധി സാമർഥ്യം അത്രയും വലിയ ഒടിവും വളവും തിരികും ഒന്നുമില്ലാതെ രാമാനുചാചാര്യ തീരെയില്ലാതെ പക്ഷെ കുറവാണ് അപ്പോ ഇവിടെ എന്താണ് വൈദിക കർമ്മങ്ങളും വേശികം അങ്ങനെയൊന്നും പറയുന്നില്ല കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന കാര്യം തന്നെയാണ് പിന്നെ അതോടുകൂടെ പറയുന്നു കാര്യ കർമ്മ വ്യത്യാസം പറയുന്നത് കാമ്യകർമ്മത്തെ സംബന്ധിക്കുന്ന ആ ബന്ധിയേക്കാൾ മോക്ഷസാധനബുദ്ധമായ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് കർമ്മയോഗം അതിനെ കുറിച്ച് പറയുന്നു വ്യവസായ രീതിയിൽ ഒരു നന്ദനും ബഹുശാ സഹ്യ നന്ദാ അം വ്യവസായി